പറയുന്നു തത്വനിശ്ചയം ഉണ്ടായാലും സംസ്കാരം അനുവർത്തിക്കും അപ്പോ ഭ്രമം കൊണ്ടുവരുന്ന വ്യവഹാരങ്ങളും അനുവർത്തി ഉദാഹരണം പറഞ്ഞു ശർക്കര മധുരമാണ് ഉറപ്പുള്ള ആളിനും പിത്തം പിടിച്ചു കഴിഞ്ഞാൽ കയ്പായിട്ട് അത് അനുഭവപ്പെടും അത് അതുകൊണ്ട് വ്യത്യാസമൊന്നും കയ്പായിട്ട് തന്നെ അനുഭവപ്പെടും പറയുന്ന ഉദാഹരണങ്ങളൊക്കെ കുഴപ്പമുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പം ശർക്കര മധുരമുള്ള ആണെന്നറിയുന്നത് രസനേന്ദ്രിയ കൊണ്ടാണ് പിന്നെ അതേ രസനേന്യം കൊണ്ട് തന്നെ അവിടെ ദോഷങ്ങളുള്ളത് കൊണ്ട് അത് കയ്പായിട്ടും അനുഭവപ്പെടും അപ്പോൾ മധുരം ആണ് എന്നുള്ളൊരു അറിവാണ് നേരത്തെ ഉള്ള അറിവ് ഇപ്പൊ അറിവില്ല ഇപ്പൊ അതിന്റെ സ്മരണയാണുള്ളത് നേരത്തെ അറിഞ്ഞു ഇത് മധുരമാണ് കണ്ടറിയുന്നതല്ല നേരത്തെ അറിയാം ഇത് ശർക്കരയാണ് മധുരങ്ങളാണ് എന്നിട്ട് ഇപ്പോൾ പനി വന്നതിന് ശേഷം അവിടുത്തെ വായരി ഇടുമ്പോൾ അത് കയ്പായിട്ട് അതേ രസനേന്ദ്രിയത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത് മധുരം എന്നറിയുന്നതുപോലെ രസനേന്ദ്രിയത്തിലൂടെയുള്ള ഒരു അനുഭവമാണ് അത് ഒരു ഭൗതികമായ അനുഭവമാണ് ഇനി കയ്പെന്നറിയുന്നത് രസേന്ദ്രിയത്തിലൂടെയുള്ള അനുഭവമാണ് അതും ഭൗതികമായ അറിവാണ് ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് ഇതിൽ യാതൊരു കുഴപ്പമില്ല കാരണം മധുരം എന്ന് പറയുന്ന അറിവുള്ളതിന് കയ്പനുഭവം ഉണ്ടാകും ഇപ്പം അത് രസേന്ദ്രിയ തകരാറുകൊണ്ടാണ് ഈ ഉദാഹരണത്തിന്റെ പ്രത്യേകത ഇത് രണ്ടും ഭൗതികമാണ് രണ്ടും ഒരുപോലെ തന്നെ യഥാർത്ഥമാണ് ശർക്കര വായിലിട്ടിട്ട് കയ്പെന്നറിയുന്നത് ഭ്രാന്തിയല്ല യഥാർത്ഥത്തിൽ അവിടെ കയ്പെന്നറിയാണ് കാരണം അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ മുമ്പ് കടന്ന രാസപ്രവർത്തനങ്ങൾ പോലെ തന്നെ വാസ്തവമാണ് മുമ്പ് കടന്ന രാസപ്രവർത്തനങ്ങളുണ്ട് മധുരം എന്നറിഞ്ഞെങ്കിൽ ഇപ്പോൾ രാസപ്രവർത്തനങ്ങളുണ്ട് കയ്പെന്നറിയുന്നതിലൊന്നും വ്യത്യാസമൊന്നുമില്ല അതെല്ലാം തികച്ചതിന്റെ പ്രക്രിയകളെല്ലാം ഭൗതികമാണ് ആ ഒരു ഉറണമാണ് കൂടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ജ്ഞാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിലോ അത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ലൗകികമായ ജ്ഞാനമല്ല അത് സമാധിയിലുണ്ടാകുന്ന ഒരു ജ്ഞാനമാണ് അതൊരു പ്രത്യേകമായ ജ്ഞാനമാണ് ആ ജ്ഞാനം ഉണ്ടായതിനു ശേഷവും വീണ്ടും ഇതെല്ലാം അനുവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം അനുവർത്തിക്കുന്നു എന്നു പറഞ്ഞാൽ അത് ശർക്കരയും ഇതും പോലെയല്ല അപ്പം ഇതിന് വേറെ ഉദാഹരണമൊന്നും പറയാൻ പറ്റില്ല സമാധിക്കൊരു ഉദാഹരണം എടുത്ത് പറയാൻ പറ്റില്ല കാരണം അവിടെ സംഭവിക്കുന്നത് അലൌകികമായൊരു അനുഭവമാണ് ആ അനുഭവത്തിൽ നിന്ന് തിരിച്ചു ശേഷം വീണ്ടും പഴയതുപോലെ വ്യവഹാരം നടക്കുന്നു എന്നു പറഞ്ഞു അവിദ്യ നശിച്ചതിന് ശേഷം ആ വിദ്യയുടെ സംസ്കാരമെല്ലാം നശിച്ചതിന് ശേഷം വീണ്ടും സംസ്കാരം അനുവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുമ്പോൾ ഉണ്ടായിരുന്നില്ല അതിനൊരുദാഹരണം പറയാൻ നോക്കത്തില്ല ലോകത്തിലൊരുദാഹരണം കിട്ടത്തില്ല ലോകത്തിലേതുദാഹരണം കിട്ടുന്നോ അതെല്ലാം ആദ്യമുണ്ടായ അനുഭവം പിന്നീടുണ്ടാകുന്ന അനുഭവം എല്ലാം ഭൗതിക അനുഭവങ്ങളായിരിക്കും ആദ്യം മധുരം എന്നറിഞ്ഞ ഭൗതിക അനുഭവമാണ് രണ്ടാമത് കയ്പെന്നറിഞ്ഞാൽ അതൊരു ഭൗതികമായ അനുഭവമാണ് രണ്ടും യഥാർത്ഥമാണ് ഭ്രാന്തി അല്ല യഥാർത്ഥമായി തന്നെ അറിയുന്നത് രണ്ടർത്തും രാസപ്രവർത്തനങ്ങൾ നടക്കുക പക്ഷെ ബ്രഹ്മജ്ഞാനവും അനുവർത്തി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അലൗകിക അനുഭവമാണ് അത് ഭൗതികമായൊരനുഭവമാണ് നിരന്തരമായ വ്യതിയാസങ്ങളുണ്ടാകുന്നു അങ്ങനെ സംഭവിച്ച് അജ്ഞാനം നശിച്ചു പിന്നെ സംസ്കാരം അനുവർത്തിക്കുന്നു എന്ന് പറയുന്നതിന് ലോകത്തിലൊരു ഉദാഹരണം കൊടുത്ത് പറയാൻ പറ്റില്ല ലോകത്തിലേതെടുത്താലും ശരി അത് ഭൗതികമായി ഇത് ആധ്യാത്മികമാണ് അപ്പൊ ഉദാഹരണം കൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു ആ ബ്രഹ്മജ്ഞാനം ആ വിദ്യാ സംസ്കാരം അനുവർത്തിക്കുന്നു എല്ലാ കാര്യങ്ങളും പിന്നെങ്ങനെ അവിദ്യ സംസ്കാരം അനുവർത്തിക്കും എന്നൊക്കെ ചോദിച്ചാൽ അതൊരു സിദ്ധാന്തം അങ്ങനെ പറയാൻ പറ്റും അത് വേറെ ലോകത്തിലേതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കാൻ പറ്റും എന്ത് ചൂണ്ടിക്കാണിച്ചാലും അവിടെയൊക്കെ ഭൗതികമായിരിക്കും ഇത് ഭൗതികമല്ല ബ്രഹ്മജ്ഞാൻ അനുവർത്തിക്കുന്നു രുന്നു കർമ്മം അവിടെ അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് കർമ്മം അനുഷ്ഠിച്ച കർമ്മം കൊണ്ട് ആ വിദ്യയെ നശിപ്പിക്കുന്നു കർമ്മവും വിദ്യയും കൊണ്ട് വീണ്ടും എന്തെയ്യുന്നു ആ വിദ്യ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് പൂർവക്ഷ പറയും അപ്പോ കർമ്മം വീണ്ടും വന്നു വീണ്ടും എന്തുന്നു വിദ്യ വരുന്നു വിദ്യയും കർമ്മവും കൊണ്ട് അവിദ്യയും നശിപ്പിച്ചാൽ വീണ്ടും ഇത് വീണ്ടും വന്നൂടെ വീണ്ടും സംസ്കാരം വന്നൂടെന്നൊക്കെ ഉത്തരം കിട്ടാൻ പ്രയാസം പിന്നെ കർമ്മ അവിദ്യാകാര്യമാണ് വിദ്യാസ്വരൂപവുമാണ് അത് അവിദ്യ എങ്ങനെ നശിപ്പിക്കും ആ പറഞ്ഞു അന്ന് നശിപ്പിക്കാം പാൽ പാലിനെ നശിപ്പിക്കുന്നു കഥകരേണു അത് പൊടിയെ വിഷം വെഷത്തെ ശമിപ്പിക്കുന്നു ഒരേ ജാതിയിൽപ്പെട്ടതല്ല പരസ്പര വിരോധം വന്നിട്ട് ഒന്ന് മറ്റൊന്നിനും നശിപ്പിക്കും അതുകൊണ്ട് കർമ്മം അവിദ്യാകാര്യമാണ് അത് അവിദ്യാസ്വരൂപമാണെങ്കിൽ അവദ്യ ആവശ്യം പറയാൻ കാരണം എന്താണ് പഠിച്ചം കൊണ്ടല്ലേ ഇരുട്ട് നശിക്കേണ്ടത് ഇരുട്ടുകൊണ്ട് കർമ്മം എന്ന് പറയുന്നത് സ്ഥാനത്താണ് അത് ഇരുട്ടായ അവിദ്യ എങ്ങനെ നശിപ്പിക്കും ഇതൊക്കെയാണ് ചോദ്യം പൂർവപക്ഷി പൂർവ്വക്ഷിയോട് സിദ്ധാന്തി ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ സംഭവിക്കാമെന്ന് പൂർവക്ഷ പറയുന്നു അവിദ്യ കാര്യമാണ് കർമ്മം പക്ഷേ അത് അവിദ്യയെ നശിപ്പിക്കാം ഒരേ ജാതിപ്പെട്ടതിനെ പരസ്പരം നശിപ്പിക്കും എന്നൊരു ലൗകികമായ ഉദാഹരണം പറയും ഇനി സിദ്ധാന്തി പറയാണ് അത്ര ഉച്ചിതേ ഇവിടെ ഞങ്ങൾക്ക് പറയാനുണ്ട് സത്യം നിങ്ങൾ പറഞ്ഞതൊക്കെ കുറെ സത്യം ഉണ്ട് എന്താണ് കുറേ സത്യം എന്ന് പറയുന്നത് കഥകരജസ് അതൊരു പൊടിയാണ് പക്ഷെ വെള്ളത്തിലെ മാലിന്യത്തെ അത് ഇല്ലാതാക്കും അതൊക്കെ വിഷം വിഷത്തിനെ നശിപ്പിക്കും പാല് പാല് കുടിച്ച് പോയാലും തന്നെ ആ കേടായ പാലിനെ ദഹിപ്പിച്ച് പാലും ദഹിക്കും ഇതൊക്കെ ശരി പക്ഷെ വ്യത്യാസമുണ്ടെന്താണ് സദേവ സോമീതം തത്വമസി ശബ്ദ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനുഭവത്തെ വിശദമാക്കാൻ വേണ്ടി പറയാണ് ഛാന്തോ ഗിയത്തിന് സദൈവസ്വാമീതം എന്ന് തുടങ്ങി ഉപക്രമം ഇന്ന് ആരംഭിച്ചിട്ട് തത്വമസിന്താ തത്വമസി വരെ എന്താ ശബ്ദം ഈ ശബ്ദത്തിൽ നിന്ന് െന്ത് വരുന്നു ബോധം ഉണ്ടാകും നവംബര് മാസം ഈ ബോധമാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് അപ്പൊ ഭാഗതികാരനും പറയുന്നു ഈ ഒരു ബോധം ശ്രുതി നിന്ന് തന്നെ ഉണ്ടാകുന്നു വേദത്തിൽ നിന്ന് തന്നെയാണ് വേദം പറയുന്ന അതാണ് തത്വം പരമാത്മാവാണ് അപ്പൊ അത് കേട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെയും പരമാത്മാവെന്ന് പറയുന്ന ബോധം ഉണ്ടാവും അതാണ് ബ്രഹ്മജ്ഞാനം ഞാനാണ് ബ്രഹ്മം ഞാനാണ് പരമാത്മാവ് വിത്യന്ധാദി ശബ്ദം ഇതിനുള്ള വാക്യത്തിൽ നിന്ന് ബ്രഹ്മമീമാംസ ഉപകരണ അസകൃത അഭ്യാസ ഇവിടെ ബ്രഹ്മമീമാംസമാകുന്ന ബ്രഹ്മമീമാംസയാകുന്ന ഒരു ഉപകരണം കൂടെ വേണം ബ്രഹ്മമീമാംസ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിചാരം കേൾക്കുമ്പോ അയാൾക്ക് പല സംശയങ്ങളും ഉണ്ടാകും ഞാനിങ്ങനെ ബ്രഹ്മമാകും സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ഞാനിങ്ങനെ ബ്രഹ്മമാകുന്നു അപ്പൊ വരുന്ന സംശയങ്ങളും മറ്റും പരിഹരിക്കാൻ വേണ്ടി എന്ത് വേണം ബ്രഹ്മമീമാചാരം വേണം അതിനാണ് മനനം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് ശബ്ദ ശ്രവണം പിന്നെ ബ്രഹ്മമീമാംസെന്ന ഉപകരണ അത് വേണം പിന്നെ അസഹൃദ്യാസ മൂന്നാമത്തും വേണം മൂന്നാമത്തെ ശ്രവണത്തിൽ നിന്ന് അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നു അതിൽ പല ദോഷങ്ങളുമുണ്ട് അത് അസംഭാവന വിപരീത ഭാവന ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളെ കുറിച്ചൊക്കെ പറയും ആ എന്തായാലും എന്താണ് അത് ശരിക്കും അറിയുന്നില്ല മറ്റെന്തോണെന്നറിയുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അവിടെ ബ്രഹ്മവിചാരം വേണം ബ്രഹ്മവിചാരമെന്ന് പറയുന്നത് ഉപകരണം വേണം സഹായം വേണം അത് കഴിഞ്ഞ് പിന്നെ അസഹൃത് എന്നുവെച്ചാൽ പലതവണ ആവർത്തിച്ചുള്ള അഭ്യാസം എന്തഭ്യാസം അഹം ബ്രഹ്മസി അല്ലെങ്കിൽ ആ വാക്യങ്ങളിൽ നിന്ന് ഉണ്ടായ തത്വമസി അത് തന്നെ എന്ന വാക്യത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് എന്താണ് ഞാൻ അത് തന്നെ നിരന്തരം ആവർത്തിക്കുക അങ്ങനെ ധ്യാനിച്ചുകഴിഞ്ഞാൽ നിർവിചികിത്സേ അനാന്തി അവിദ്യ ഉപാധാന അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിർവ്യചികിത്സമായ ബോധം ഉണ്ടാകുന്നു സംശയരഹിതമായ ബോധം ഉണ്ടാകുന്നു സംശയരഹിതമായ ഒരു ബോധം ഉണ്ടാകുന്നു അതാണ് നിർവചികിത്സൈ ബോധേജാതി അതെങ്ങനെയുള്ളത് അനാദി അവിദ്യ ഉപാദാന ദേഹാദി അതിരിക്ത പ്രത്യേകാത്മ തത്വബോധയി അനാദിയായ അവിദ്യ അത് കാരണമായിരിക്കുന്ന ദേഹാദികൾ ദേഹം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി ഈ ദേഹേന്ദ്രിയദികളുടെ പ്രത്യേകത എന്താണ് ഇത് അനാദിയായിരിക്കുന്ന വിദ്യ ഉപാദാന കാരണമായിരിക്കും ആ വിദ്യയിൽ നിന്ന് പരിണമിച്ചുണ്ടായി എന്നാണ് അദ്വൈത സിദ്ധാന്തം ഈ ശരീരമൊക്കെ എങ്ങനെ ഉണ്ടായി ആ വിദ്യയിൽ നിന്ന് അനാദിയായ വിദ്യയിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് ആര് പറയുന്നത് അദ്വൈതം അപ്പോ അങ്ങനെ ഉണ്ടായി എന്നിവരെങ്ങനെ പറയുന്നു അനാദിയായ വിദ്യ പരിണമിച്ചാണ് ഇതുകൊണ്ടായി പറയുന്നു ശ്രുതിയെ വ്യാഖ്യാനിച്ചു പറയുന്നു ഇവരീ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എവിടെയുണ്ടെന്നാണ് ഇവർ പറയുന്നത് ശ്രുതി അല്ലാതെ ആർക്കും വെളിപ്പെട്ടതൊന്നുമില്ല തപസെയ്തുകൊണ്ട് നമ്മൾ തടിക്കാത്തുദിച്ചതൊന്നുമല്ല എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടായത് ശ്രുതി പിന്നെ അതിനെ അത് കേട്ട് മാനജ് വ്യാനിച്ച് സാക്ഷാത് ഇങ്ങനെ വേദം പഠിച്ച് ഏത് അധ്യയനം ചെയ്യുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നിട്ട് ചിന്തിക്കുക സംശയങ്ങളൊക്കെ മാറ്റുക പിന്നെ ധ്യാനിക്കുക പിന്നെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു പണിയാണ് അങ്ങനെ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്ന എന്താണ് ഈ ഞാനും ഇങ്ങനെ പറയുമ്പോ എഴുതിയ ആളൊക്കെ സാക്ഷാത്കരിച്ചിട്ടാണോ ഇതൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാണോ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അപ്പോ ഇത് ഇതൊക്കെ ഇതന്നെ എഴുതി വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് എവരെങ്ങനെ എഴുതുന്നു ശങ്കരാചാര്യരെ വ്യാഖ്യാനിച്ചെഴുതുകയാണ് ശങ്കരാചാര്യരെ വ്യാഖ്യാനിക്കുന്നതിന് ഇവർക്കുള്ള ധൈര്യം എന്താണ് എന്താണ് ഇവരുടെ പാണ്ഡിത്യം നാനാശാസ്ത്രങ്ങള് പഠിച്ച് ഒരു നാനാശാസ്ത്രം പഠിക്കാന്ന് വെച്ചാൽ എന്താണ് അതിന് സമയമെടുക്കും നാനാശാസ്ത്രങ്ങൾ പഠിക്കാന്ന് വെച്ചതിനൊക്കെ കുറച്ച് സമയം എന്തായാലും കുറച്ച് സമയം വേണ്ടിവരും ബുദ്ധിമാന്മാരാണെങ്കിലും അങ്ങനെ സമയം എടുത്ത് ഇതെല്ലാം പഠിച്ചു മനസിലാക്കിയതിനു ശേഷം ഇന്നത്തെ പോലെയല്ല ഏജ് നോക്കി പഠിക്കാനും കേൾക്കാനും ഒന്നും പറ്റത്തില്ല അന്ന് എന്ത് ഈ ശാസ്ത്രങ്ങളൊക്കെ എവിടെ എഴുതി വെച്ചിരിക്കുന്നു ഊർജ പത്രത്തിലും പനിയോലയിലും ഒക്കെ എഴുതി വെച്ചിരിക്കണം അതൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ എവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു കണ്ടെത്തി അതൊക്കെ എടുത്ത് വായിച്ച് പഠിച്ച് പഠിക്കാമെന്ന് വെച്ചാൽ വായിക്കാൻ തന്നെ വലിയ പാടാണ് അത് ഇങ്ങനെ പഠിക്കുന്നെങ്കി എന്തുവേണം ഇങ്ങനെ പഠിക്കണമെങ്കിൽ സമയം ഒരു പ്രധാനമായ കാര്യമാണ് സമയം കൂടുതലും ഈ ശാസ്ത്രങ്ങള് പഠിക്കാൻ വേണ്ടിയാണ് ഇവരുടെ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് ഈ ശാസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചതിനു ശേഷം പിന്നെ ഇവരുടെ അടുത്ത സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ഇത് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശാസ്ത്രങ്ങൾ പഠിക്കാൻ വേണ്ടി കൊറേ അധികം സമയം ചെലവാക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വ്യാഖ്യാനിക്കാൻ വേണ്ടി നല്ല ബുദ്ധിമാന്മാരായതുകൊണ്ട് അതിനുവേണ്ടി സമയം വ്യാഖ്യാനിക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമാണോ ഇന്നത്തെ പോലെ അല്ല പറഞ്ഞ എഴുത്തു ഭാഷയിൽ വരുന്ന കാലമാണ് അന്നങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എഴുതുന്ന പറഞ്ഞുകൊടുത്ത ഒന്നുകിൽ വേറെ ആൾ എഴുതി അല്ലെങ്കിൽ എന്ത് ചെയ്യണം വര് എന്നെ ഇരുന്ന് എഴുതണം കൈകൊണ്ട് എഴുതണം ഇതൊക്കെ ഇങ്ങനെ സമയം എടുത്ത് എഴുതിയൊക്കെ വരുമ്പോഴത്തേക്ക് അതിനും കുറെ സമയം പോവും മനസിലായോ അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്തു ചെയ്യാൻ ഈ പറയുന്നവനെയൊക്കെ ഇരുന്ന് ധ്യാനിക്കാനും ഇതിനെ സാക്ഷാത്കരിക്കാനുമൊക്കെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇയാളൊരു പരിമയാവും എഴുതുന്നാളെന്ത് ചെയ്യും ഒരു പരമാവും പിന്നെ ഇതൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റുമോ കൊണ്ടവരാരും സാക്ഷാത്കരിച്ച കാര്യമൊന്നും പറയുന്നില്ല പറയുന്നു സാക്ഷാത്കാരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും വരുന്നു ഈ പറയുന്നൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നൊക്കെ അവരവരുടെ യുക്തി അനുസരിച്ച് മനസ്സിലേ ബ്രഹ്മ ഉണ്ടെന്ന് പറയുന്നതും ബ്രഹ്മ ഇല്ലെന്ന് പറയുന്നതും ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് പറയുന്നതും ഇല്ലയെന്നു പറയുന്നതൊക്കെ ഇവരുടെ പാണ്ഡിത്യവും യുക്തിയും അനുസരിച്ച് പറയുന്നു സാക്ഷാത്കാരമുണ്ടെന്ന് പറയുന്നു ഇല്ലയെന്ന് പറയുന്നു അല്ലാതെ ഇവരാരും പറയുന്നില്ല ഇതൊക്കെ ഞങ്ങൾ സാക്ഷാത്കരിച്ചിട്ട് എഴുതി വയ്ക്കുകയാണ് എന്നാരും തന്നെ പറയുന്നില്ല ഞങ്ങളിത് കണ്ടെത്തി കണ്ടെത്തിയതിനു ശേഷമാണ് എന്നാരും പറയുന്നു ഞാൻ പോയി അമേരിക്ക കണ്ടുപിടിച്ച് എന്ന് പണ്ടൊരാൾ പറഞ്ഞില്ലേ അതുപോലെ കണ്ടുപിടിച്ചെന്നു ആരും പറയുന്നു അപ്പോ എന്തു ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ ഇത് ബാക്കിയുള്ളവർ ചെയ്യാൻ പറയുകയാണ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വായിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ മനസ്സിലാക്കണം പിന്നെ ബ്രഹ്മമീമാംസ ഉപകരണം വിചാരം ചെയ്യണം അസഹൃത പിന്നെ അത് കഴിഞ്ഞ എന്താ പറയുക നിർവഹിച്ചമായ ആത്മബോധമുണ്ട് അത് എങ്ങനെയുള്ള ബോധം അനാദിയായിരിക്കുന്ന അവിദ്യാവബാധ ദേഹാദിയൊക്കെ ഉണ്ടാകുന്നതിന് എന്താണ് അനാദിയായ അവിദ്യയാണ് കാരണം ഭൗതിക ശാസ്ത്രജ്ഞ ഭൗതിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്ത് ഇതൊന്നും അംഗീകരിക്കില്ല എന്താണ് അനാദിയായിരിക്കുന്ന ഒരു അവിദ്യ കൊണ്ടാണ് എന്തുണ്ടായത് പ്രപഞ്ചമുണ്ടായെന്നൊക്കെ പറഞ്ഞ് അവരാരും അംഗീകരിക്കില്ല ആൽബർട്ട് ഐൻസ്റ്റൈൻ ഗീത വായിച്ചിട്ട് ഒരഭിപ്രായം പറഞ്ഞാൽ നാം അറിഞ്ഞിരിക്കുന്നു പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് അറിയുവെച്ചിരിക്കുന്ന കായിക പ്രസംഗമൊന്നും കാരണം ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് അവിദ്യ എന്തായി അവിദ്യ എന്തായി സംഗതി എന്താണ് ഈ അവിദ്യ എന്ന് പറയുന്നത് അനാദി അവിദ്യ അവിദ്യ എന്ന് പറയുന്നത് എന്തായി സംഗതി പറഞ്ഞു പറഞ്ഞു അവസാനം എന്താവും എന്താണ് നിനക്ക് ഒന്ന് മനസ്സിലായോ എന്താണ് അവിദ്യ ഇത്രയും കാലം കേട്ടോണ്ടിരിക്കുന്നു എന്തെങ്കിലും മനസ്സിലായോ എന്താണ് അനാദ്യ വിദ്യ മനസിലായോ എന്തായാലും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസിലായ ഭാഗ്യം ജനാധി അവിദ്യ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഗതി ഏ കേട്ടോണ്ടിരിക്കെന്താണ് നിങ്ങക്ക് പറയും ഭാഗ്യം ഭാഗ്യം ചെയ്തോ അനാദി അവിദ്യ ആണ് ഇതിന്റെയൊക്കെ കാരണമെന്നാണ് ഉപാദാനം അനാദി അവദ്യ ആവുന്ന ഇതിപ്പോ എന്ത് ചെയ്യുന്നു ഒരുത്ത പഠിച്ചിട്ട് വേറെത്തിനോട് പറയുന്നു അവൻ പഠിച്ചിട്ട് വേറെത്തിനോട് പറയുന്നു ഇതിങ്ങനെ പരമ്പരയായിട്ട് എന്ത് ചെയ്യുന്നു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത് സംഗതി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവസാനം ഏതുപോലെയാവും പുള്ളി തൊലിച്ച പോലെ ആവും തൊലിച്ച് തൊലിച്ചു അപ്പൊ ആ അവിദ്യ കൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത് അനാദി അവിദ്യ ഉപാദനമാണ് ദേഹാതം അതുകൊണ്ടാണ് ദേഹം ഉണ്ടായെന്നാണ് ഈ ദേഹം ഉണ്ടായത് എങ്ങനെ ഉണ്ടായി അങ്ങനെ ഒരു ബീജവും രണ്ടവും കൂടെ കൂടി ചെറു ഫ്യൂസ് ആയി മനസിലായ ഒരു ബീജവും രണ്ടവും കൂടി ഫ്യൂസായി ഫ്യൂസായപ്പോൾ അതിൽ നിന്നൊരു സൈഗോട്ട് ഏകകോശം ഉണ്ടായി ആ കോശം എന്ത് ചെയ്തു അത് മൾട്ടിപ്ലൈ ചെയ്തു ഒറ്റ കോശം ഒരു കോശം മൾട്ടിപ്ലൈ ചെയ്താണ് എന്തുണ്ടായത് ഈ ശരീരം പലതരത്തിൽ അതൊരു ഒരു അത്ഭുതമാണ് കാരണം ഒരേ ഒരു കോശം ഒരു കോശം മട്ടിപ്പിൾ ചെയ്തപ്പോൾ എന്തായി അത് കണ്ണിന്റെ കോശമായി ചെവിയുടെ കോശമായി കാലിന്റെ കോശമായി കൈയുടെ കോശമായി ബ്രെയിനിന്റെ കോശങ്ങളായി തൊടിയുടെ കോശമായി എന്തിൻ്റെയൊക്കെ കോശങ്ങളായി മാറി വ്യത്യസ്തങ്ങളായ പല പല സ്വഭാവമുള്ള കോശങ്ങളായി മാറി പക്ഷെ മാറി എന്തോന്ന് ഒരേ ഒരു കോശം അതിനാണ് സൈകൂട്ടെന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ ശരീരം ഉണ്ടായെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതിലൂടെ ആവിദ്യ ഇപ്പ പറയണം അറിയാമെങ്കിൽ അവിദ്യ ഉപാധാനമാണ് ദേഹം എന്ന് കഴിഞ്ഞ അവിദ്യ കൊണ്ട് ദേഹം ഉണ്ടാവും അവിദ്യ കൊണ്ട് ദേഹം ഉണ്ടാവും അപ്പൊ അതെങ്ങനെയാണ് പിന്നെ ഇനി ആകെ പരിശോധിക്കാം എന്നുള്ള ഈ അണ്ടത്തെയും ഈ കോശത്തെയും പരിശോധിക്കും അതിലെന്തെങ്കിലും അവിദ്യ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഒരു കോശം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ കാണുന്നത് ഡി എൻ എ ആർ എൻ എ കാണുന്നത് അങ്ങനെ പല സാധനങ്ങളും അതിനകത്തുണ്ട് മനുഷ്യൻ കൊണ്ടാകത്ത് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണ് ഡി എൻ എമസോമുകൾ പിന്നെ അതിന്റെ അകത്ത് ഡി എൻ എന്തൊക്കെയാണ് കാണുന്നത് അവിദ്യ അപ്പോൾ പഴയ കാലത്തും മനുഷ്യന് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതിരുന്ന കാലഘട്ടത്തിൽ അവരിങ്ങനെ ഭാവനയെ കണ്ടെഴുതി വെച്ചാണ് എന്തോന്ന് അവിദ്യ പണ്ടെങ്ങനെ എഴുതി വെച്ചാണ് അതൊന്നും വലിയ കാര്യമൊന്നൊന്നും വിചാരിക്കരുത് മനസ്സിലായോ ഇതറിയില്ലായിരുന്നു ഇങ്ങനെ കുറോമ സോമങ്ങളെ കുറിച്ചൊന്നും പണ്ട് അറിവില്ല അറിവില്ലാത്ത കൊണ്ട് അവരെന്ത് പറഞ്ഞു അവിദ്യയിൽ നിന്ന് ആണിത് ഉണ്ടായെന്ന് പറഞ്ഞു പഴയകാലത്ത് ഇതില് ഇവിടെ അവിദ്യ ഇത് ഏത് ഭാഗത്തും നിങ്ങൾ അവിദ്യ കൊണ്ട് കൊണ്ടിരിക്കും അപ്പം ഇവിടെ പറയുന്ന എന്താണ് അവിദ്യയാണ് ഉപാധാനം ഏതെൻ്റെ ഈ ശരീരത്തിന്റെ കാരണം നിങ്ങൾക്ക് ഇവിടെ അവധ്യയെ കണ്ടെത്താൻ പറ്റില്ല പ്രോമസ്വാമുകൾ അങ്ങനെ എന്ത് ചെയ്തു കുറച്ച് പഠിച്ചു പിടിച്ച് പോയാൽ പിന്നെ നമുക്ക് അറിയാൻ വയ്യാതെ ഒരു പിന്നെ അറിവില്ലായ്മയിൽ നിന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ പറയാം നമുക്കറിവില്ല അറിവില്ലായ്മ നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നാണോ ഉണ്ടാവുക നമുക്ക് പഠിച്ചിട്ട് അറിയാൻ പറ്റുന്നില്ല അത്ര ഒരു പരിധിക്കപ്പുറം നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല നമ്മുടെ അറിവ് വളരുന്നില്ല അത്രയേ ഉള്ളൂ പക്ഷെ പഴയ ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്തതുകൊണ്ട് അവിടെ എന്താണ് ചോദിച്ചത് അവിദ്യയിൽ നിന്നാണ് എന്നുണ്ടായത് ഈ ശരീരം വിദ്യാധാനദേഹം ആ ദേഹാദി അതിരിക്ത അതിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന പ്രത്യേകാത്മതത്വം അതിന്റെ പിന്നെ അതിൽ നിന്ന് വേറിട്ടെന്തുണ്ട് ഒരു പ്രത്യേകാത്മ തത്വമുണ്ട് അങ്ങനെയാണ് ബ്രഹ്മോന്നൂ അങ്ങനെ ഒരു തത്വമുണ്ട് ആ പ്രത്യേകാത്മ തബോധി അതിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കുറിച്ചും മനുഷ്യന് ബോധം ഉണ്ടാകാം അതിൽ പ്രശ്നമൊന്നുമില്ല ആ വിദ്യയെ കുറിച്ച് ബോധം ഉണ്ടാകാം പ്രത്യേകാത്മതത്വത്തെ കുറിച്ച് ബോധം ഉണ്ടാകാം എന്തുകൊണ്ട് എന്തുകൊണ്ടോണ്ട് അനുഭവം ഏഹ് കേട്ടോ എന്തുകൊണ്ടാ ബോധം വരുന്നു പ്രത്യേകാത്മാവെന്ന് കേട്ടോന്ന് ബോധം ഉണ്ടാവില്ല ഒരു ബോധം ഉണ്ടായി വിശ്വാസത്തെ കാര്യമില്ല ബോധം എന്തെങ്കിലും ഉണ്ടോ എന്ന് ബോധമുണ്ടാവും പ്രത്യേകാത്മാവെന്ന് പറഞ്ഞാൽ ബോധം ഉണ്ടാകും എന്താ കൊഴപ്പം ബോധം ഉണ്ടാവും ഐതി എന്ന് പറഞ്ഞാലും ബോധമുണ്ടാവും അതിന് കുഴപ്പമൊന്നുമില്ല എന്ത് പറഞ്ഞാലും ബോധം ഉണ്ടാവും അത് നമുക്ക് ബോധമുണ്ടാവും കാക്രി പൂക്കറി എന്ന് പറഞ്ഞ ബോധം ഉണ്ടാവും ആ അത് ഒരു ശബ്ദം കേട്ടാ ബോധം ഉണ്ടാവും ബോധം ഉണ്ടാവുന്നു എനിക്കത്തില്ല എങ്ങനെ നമ്മളെ നമ്മളോടത് വർണ്ണിക്കുന്നു ആ രീതിയിൽ നമുക്ക് ബോധം ഉണ്ടാവും ബോധം ഉണ്ടാവുന്നതിന് തടസ്സം പ്രത്യേകാത്മ തത്വ അവബോധം പ്രത്യേകാത്മതത്വത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു അവബോധ ജാതി കഴിഞ്ഞാൽ അപ്പോ സാക്ഷാത്കാരം വരെ എത്തി സാക്ഷാത്കാരത്തിൽ എത്തി ശ്രവണം മനനം നിധ്യാസനം സാക്ഷാത്കാരമാണ് പ്രത്യേകാത്മ തത്വ ബോധി ബോധമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സംഭവിക്കുന്നതാണ് അവിദ്യ സംസ്കാര അനുവർത്തവും വീണ്ടും എന്തു ചെയ്യുന്നു ബോധം ഉണ്ടായി അവിദ്യ നശിച്ചു അവിദ്യ നശിച്ചതിന് ശേഷം വീണ്ടും എന്തുവരുന്നു അവിദ്യ സംസ്കാരം അനുവർത്തിക്കുന്നു അങ്ങനെയാണ് അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസ്കാരം അതുകൂടെ അങ്ങ് നശിച്ചോടി അങ്ങനെ അതുകൂടെ എന്താ കൊഴപ്പം അവിദ്യ നശിച്ച ആ സംസ്കാരം കൂടെ അങ്ങ് നശിച്ചൂടി എന്താ നശിക്കാത്തത് എന്തുകൊണ്ടും നശിക്കുന്നില്ല അവിദ്യ നശിച്ചാൽ അതിന്റെ ആ സംസ്കാരങ്ങൾ നശിക്കും നശിച്ചെന്താ കുഴപ്പം നശിക്കാൻ സൗകര്യം ഇല്ല അത്ര നശിക്കാൻ സൗകര്യം ഇല്ല ഞങ്ങൾ എന്തു ചെയ്യും നശിക്കുന്നില്ല അത്ര നശിച്ചു സംസ്കാരം എന്തുകൊണ്ട് എന്തുകൊണ്ട് നശിക്കുന്നില്ല അത് അതിന് നശിക്കാൻ സൗകര്യം ഇല്ല മനസ്സില്ല നശിക്കാൻ അത് സിദ്ധാന്തമാണെന്ന് മനസ്സിലാവും അവധ്യം നശിക്കുന്നു സംസ്കാരം നശിക്കുന്നില്ല എന്ന് പറയുന്നത് സിദ്ധാന്തം ആ ഭാഗം സിദ്ധാന്തമാണ് അപ്പോ സാക്ഷാത്കാരം കൊണ്ട് അവൈദ്യം നശിക്കും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം സാക്ഷാത്കാരം എന്ന് പറയുന്നൊരു സിദ്ധാന്തം സാക്ഷാത്കാരം കൊണ്ട് അവധ്യം നശിക്കുന്നു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അവധ്യം നശിച്ചാൽ അതിന്റെ സംസ്കാരം നശിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ് ഇതൊക്കെ അദ്വൈത സിദ്ധാന്തമാണ് ഞാനെന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടല്ല പറയുന്നത് ഞാൻ പറയാൻ കാരണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും രാമാനുജനൊന്നും അംഗീകരിക്കില്ല മനസിലായോ രാമാനുജനെ പോലെയുള്ളവര് അവരുടെ മുമ്പ് ഇതൊക്കെ പറയാം പൊയ് പണി അവരാരും എന്തു ചെയ്യും അവരാരും ഇതിനെ അംഗീകരിക്കില്ല അവരെന്ത് ഈ പറയുന്നത് ഒരു കാര്യവും അംഗീകരിക്കില്ല മനസ്സിലായെ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത് അങ്ങനെ അവരുടെ സിദ്ധാന്തം വേറെയാണ് ഇത് അദ്വൈത സിദ്ധാന്തമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഈ പ്രപഞ്ചമുണ്ട് അവർക്കും മോക്ഷമുണ്ട് അവർക്കും ജീവനുണ്ട് ഈശ്വരനുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ അവരംഗീകരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളീ പറയുന്ന ഏർപ്പാടുകളൊന്നും രാമാനുജൻ അംഗീകരിക്കുന്നു അംഗീകരിക്കാൻ പോകുന്നു അത് അംഗീകരിച്ചില്ലെങ്കിലും അവർക്കൊരു നഷ്ടമില്ല അവർക്ക് ഈ പറയുന്ന എല്ലാ ഉണ്ട് എന്തൊക്കെ ജീവൻ ഈശ്വരൻ പ്രപഞ്ചം മോക്ഷം എല്ലാ ഇടപാടുകളുണ്ട് അതുകൊണ്ട് ഇത് അദ്വൈത സിദ്ധാന്തമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക അതുകൊണ്ട് ഇതൊക്കെ കേട്ടും കൊണ്ട് ചാടിക്കേറി ഞാനീളൊന്നും ആയി കളയരുത് മനസിലായ ഞാനുണ്ടെന്നൊന്നും അഭിനയിച്ചു കളയാ ഇവിടെ വരുന്ന പാവങ്ങളുടെ ഒമ്പതും അതൊന്നും കാണിച്ചു കളയാല്ലോ എന്തുകൊണ്ട് അദ്വൈതയുടെ സിദ്ധാന്തമാണ് രാമാനുജൻ അംഗീകരിക്കാത്ത കാര്യമാണ് അതുകൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാം അറിയുമ്പോ എല്ലാം അറിയണം ആത്മതത്വ അവബോധ ജാതെ ബി അവിദ്യ സംസ്കാര ഒരു വലിയ പ്രശ്നമാണ് അദ്വൈതികടം മുട്ടിലഴിയുന്ന ഒരു സംഭവമാണ് എന്താണ് ജ്ഞാനം ഉണ്ടായി അജ്ഞാനം വെച്ച് എല്ലാം പോയി വീണ്ടും എന്ത് ചെയ്യുന്നു വീണ്ടും ആള് കുഴയെന്ന് തന്നെ ചങ്കരം പിന്നെ തെങ്ങിയാ തന്നെ ആകെ കുഴഞ്ഞിന്റെ ഇതിന് എപ്പോഴെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ ഗീത രാമാനുജന്റെ ഗീത ക്ഷ്യത്തിന്റെ ക്ലാസ് ഉണ്ട് അത് കേട്ടുപോക്കണ് അവിടെ ഇതിനെ അതിനിശിതമായി വിമർശിക്കുന്നുണ്ട് ഇത് മാത്രമായിട്ട് എന്തിനു കേട്ടില്ല കേൾക്കാവു രാമാനുജൻ പറഞ്ഞേ എന്താണെന്ന് അത് അറിഞ്ഞിരിക്കാന്ന് കൃത്യമായി ഏതൊന്നും എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഗീതയുടെ പദ്യങ്ങൾ തുടങ്ങി ഒരുപക്ഷെ അശോത്യാനന്യു ശോചസ്തു ആ ഭാഗത്തായിരുന്നു അവിടെ ഇതിനെ കുറിച്ച് പല നാലഞ്ച് ദിവസം ഇതിനെ കിടന്ന് കളിക്കുന്നുണ്ട് അവിടെ ഈ പറഞ്ഞൊക്കെ മുഴുവൻ ആ സംബന്ധമാണെന്ന് അവിടെ പറയും ഈ ഞാൻ തന്നെ പറഞ്ഞത് എന്നും കരുതരുത് പിന്നെ പറഞ്ഞു ഇതല്ല എൻ്റെ വില നോക്കരുത് ആരവിടുന്ന് രാമാനുജാചാര്യം വിവരമുള്ള ആൾക്കാർ പറഞ്ഞു വായിച്ച് ഞാനും പറയുന്നു അത്രേ നിങ്ങൾ ധരിക്കരുത് ശരിയില്ല എന്ന് ഞാൻ പറയുന്നു കാരണം മലയാളത്തിൽ പിന്നെ ഇന്ന് രാമായുജ ഭാഷയും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാണാൻ വഴിയില്ല അതുകൊണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടണെങ്കിൽ എന്തു ചെയ്യുന്നു അതൊന്ന് കേട്ടു നോക്കുന്നതല്ലാണെന്ന് നമുക്ക് അറിയാമല്ലോ അറിഞ്ഞിരിക്കാമല്ലോ അതായത് വായിച്ചിട്ട് മനസ്സിലാക്കി പിന്നെ അങ്ങനെ ഭാഷയെല്ലാം മനസ്സിലാക്കിയ ശേഷം ലാസ്റ്റ് ഒപ്പീനിയൻ പറയുണ്ട് പറയും അതാ ഒപ്പീനിയൻ പറയുന്ന എനിക്ക് എന്താ പേടിയുണ്ട് ഇത് കേട്ടാ തോന്നുന്നു ഞാൻ എനിക്ക് എന്തോ പേടിയാണ് ഞാനിപ്പോ അതിൽ പറഞ്ഞോണ്ടിരിക്കുന്നു ഇത് കൊള്ളു അതിന്റെ ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യല്ലേ പിന്നെ ഇനി എന്ത് പറയണമെന്നാണ് ഞാനിപ്പോ ഇതൊക്കെ വായിച്ചു ഓരോന്നും പറയുമ്പോ ഞാൻ എന്റെ അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അതും പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് അവരിങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇവരിങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ പറയുന്നുണ്ടോ പിന്നെന്താ ഞാൻ എന്ത് പറയണോന്നാണ് നിങ്ങളുടെ ആഗ്രഹം ഞാൻ ഇത് ഭാഷ്യം പാവതി കാര്യം എഴുതിയിരിക്കുന്നത് ഞാൻ പറയുന്നു ഞാനാണോ പാവതി എഴുതിയത് എന്റെ തലയിൽ നിങ്ങൾക്ക് അങ്ങനെ വെക്കാൻ പറ്റും എന്റെ ഇടയ്ക്ക് രാമായുജ ഭാഷ ഓർമ്മ വന്നപ്പോ അതിന്റെ പിന്നെ ഞാനെന്ത് ചെയ്യാനാ എന്റെ ഇതെന്റെ തൊഴിലാണ് അതാണ് നിങ്ങള് മനസിലാക്കണം ഇതുകൊണ്ടാണ് നമ്മള് ജീവിച്ചു പോകുന്നത് കൊറച്ചു നേരം പണിയെടുത്ത് ആ പണി പഠിച്ച പണി ഇപ്പൊ ചെയ്യുന്നു ഈ പണിയെ അറിയാം ഇപ്പൊ വേറെ പണിയൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ ഇനി കൂടെ എന്താ ചെയ്യേണ്ടത് വേറെന്താ ചെയ്യേണ്ടത് വേറെ ഇന്നിപ്പ ഇനിയിപ്പം എന്ത് ചെയ്യാനാണ് പത്ത് എഴുപത് വയസ്സ് ഒരു പുതിയ പണിയൊന്നും പഠിച്ച് ചെയ്യാനും പറ്റില്ല പഠിച്ച തൊഴിൽ ചെയ്യുന്നു അതുങ്ങളെ തൊഴിൽ ചെയ്യാൻ വിളിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു അല്ലാന്ന് പറയും ഞാനെന്ത് ചെയ്യാനാണ് ഞാരും പറ്റിക്കുന്നല്ല അത് ഞങ്ങൾക്ക് വിശ്വസിക്കാം എന്താണ് തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പൊന്നും നടത്തുന്നില്ല എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതിൽ പറ്റിച്ചിട്ട് എനിക്കത് എന്ത്യുന്നു ആത്മതത്വ അവബോധേ ജാതേ ആത്മതത്വ അവബോധം ഉണ്ടായി കഴിഞ്ഞാലും അനുവർത്തിക്കുമ്പോ എന്ത് ചെയ്യുന്നു അനുവർത്തന്ത സംസ്കാരികാര്യം പറയുന്ന കാര്യമാണ് ഞാനും ഒക്കെ ഉണ്ടായി വീണ്ടും എന്ത് ചെയ്യുന്നു സാംസ്കാരികമായ പ്രത്യയങ്ങൾ ബോധം വീണ്ടും പ്രപഞ്ചബോധം ഉണ്ടാകും ബ്രഹ്മജ്ഞാനം സമാധിയില് ബ്രഹ്മജ്ഞാനം ഉണ്ടായി അതെല്ലാം എന്ത് ചെയ്തു അവിദ്യയും എല്ലാം തീർന്നു വീണ്ടും അയാൾ ആര് തന്നെ പ്രപഞ്ചബോധത്തോടുകൂടിയിരിക്കുന്നു അതാണ് ഈ പറയും അനുവർത്തന്തെ സംസാരിക്കാഹ വീണ്ടും അനുവർത്തിക്കും പ്രപഞ്ചബോധം തദ്വ്യവഹാരശ പ്രപഞ്ചബോധം വന്നു കഴിഞ്ഞാ വഹാരം വരും എന്ന് ചേ തിന്നണം കുടിക്കണം നടക്കണം കിടക്കണം ഉറങ്ങണം എഴുന്നേൽക്കണം അതാണ് ഞാൻ ദർശനമാരെ പറഞ്ഞു എല്ലാം പഴയതുപോലെ തന്നെ ഒരു വ്യത്യാസം അത് വരുന്നു ഇത്രയും അംഗീകരിക്കുന്നു അദ്വൈതിക അംഗീകരിച്ച പറ്റും എന്തിനാണ് പ്രാരബ്ധ സംസ്കാരം എന്ന് ചിലടുത്ത് പറയും ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതിന് ഒരു സമാധാനം അങ്ങനെ സംഭവിക്കുന്നു അത്ര ബ്രഹ്മജ്ഞാനം ഉണ്ടായി അജ്ഞാനം നശിച്ചു എല്ലാം നശിച്ചു അതോടുകൂടി എന്തുകൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല ശരി ബ്രഹ്മജ്ഞാനം ഉണ്ടായി എല്ലാം അവസാനിച്ചൊന്നിരിക്കട്ടെ അങ്ങനെ എന്താ ബ്രഹ്മജ്ഞാനം ഉണ്ടായി എല്ലാം അവസാനിച്ചു അങ്ങനെ അവിടെ വെച്ചാൽ നിർത്തിയാൽ എന്താ കുഴപ്പം എന്തിനിക്കണം അതോടുകൂടി തീർത്തുണ്ടായി ആ അപ്പൊ തീർത്തും ചത്തു വഴിയും എന്തെന്ന് വെച്ചാ പിന്നെ ഇല്ല ബ്രഹ്മമേ ആണു ശരീരമല്ലോ മനസ്സിലോ ബുദ്ധിമുട്ടോ അങ്ങനെ സ്വീകരിച്ചാ എന്താ കൊഴപ്പം ശരീരമായിട്ട് എന്തുകൊണ്ട് പറയുന്നു വീണ്ടും സംസ്കാരം ഉന്നവർത്തിക്കുന്നു പ്രപഞ്ചബോധമുണ്ട് പ്രവർത്തികളുണ്ടെന്ന് എന്തിനു പറയണം അവിടെ വെച്ച നിർത്തിയാ പോരേ പ്രശ്നം തോന്നുന്നില്ലേ അതുകൊണ്ട് ആ എന്നുവെച്ചാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറയാനില്ലാതെ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറയണ്ടേ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറയുന്ന ആളോട് ചോദിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ പറയുന്നു മനസിലായി ഈ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് താൻ എങ്ങനെയാ പ്രസംഗിക്കുന്നു പറയുന്നു തനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായോ ശരി ഉണ്ടായപ്പ എന്തുകൊണ്ട് എന്തുകൊണ്ട് എല്ലാം അവസാനിച്ചില്ല ഒരു ചോദ്യമാണ് പ്രപഞ്ച കാരണമായിരിക്കുന്ന എന്താണ് അവിദ്യ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് അപ്പൊ ഉപാധാനമായ അവദ്യാ എന്ത് ചെയ്യണം പ്രപഞ്ചം നശിക്കണം പ്രപഞ്ചം നശിച്ച ഈ പറയുന്നവനോ അങ്ങനെ നശിക്കണം അതെല്ലാം നശിച്ചുകഴിഞ്ഞ പിന്നെ എന്തുമാത്രേ കാണൂർമു ബ്രഹ്മജ്ഞാനം പിന്നെ ഉണ്ടാവും പിന്നെ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കാരെങ്കിലും കാണൂ ശിഷ്യം കാണൂ ഗുരുവാണോ അതുകൊണ്ടാണ് അന്ധവീഥികളിൽ ഒരു കൂട്ടർ പറയുന്നത് ബ്രഹ്മജ്ഞാനം ഇതൊരാർക്കും ഉണ്ടായിട്ടേ ഇല്ല ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടായെന്ന് പറയുന്ന മുഴുവൻ കള്ളന്മാരാണ് എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാ എന്ത് സംഭവിക്കണം ശരീരമാണ് ശം ഉണ്ടായികഴിഞ്ഞാ എന്ത് സംഭവിക്കണം പിന്നെ കാര്യം എല്ലാം നശിച്ചെന്ത് സംഭവിക്കും എല്ലാം നശിക്കും എന്ത് മാത്രമേ കാണൂ ബ്രഹ്മജ്ഞാനം കാണൂ ബ്രഹ്മ മാത്രേ കാണൂ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാ പിന്നെ ഇന്ന് നമ്മളൊക്കെ ജോയിച്ചിരിക്കും അപ്പൊ ഇതിന്ന് എന്ത് മനസിലാക്കാം ബ്രഹ്മജ്ഞാനും തട്ടിപ്പൊന്നും ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല ഈ പറയുന്ന ബ്രഹ്മജ്ഞാനം അല്ലാതെ സമാധിത് ബ്രഹ്മജ്ഞാനം ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല ഇതുപോലെ പറയുന്ന ഇത് പരോക്ഷം ഇതെല്ലാവർക്കും പറയാം ഉണ്ടാകാൻ പോകുന്ന ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ഉണ്ടായ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചത് പറയാം ഈ പറയുന്ന നിപ്തി അനുസരിച്ച് വിചാരമനുസരിച്ച് വ്യാഖ്യാനത്തിലൂടെയൊക്കെ പറയുന്ന ഈ ബ്രഹ്മജ്ഞാനം അവരംഗീകരിക്കുന്നു അതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ സമാധിയിലുണ്ടായി കഴിഞ്ഞാ എന്ത് സംഭവിക്കും അദ്ദേശിച്ചും എല്ലാം നശിച്ചുകഴിഞ്ഞ പിന്നെ എന്ത് ശേഷിക്കും അവര് പറയുന്ന കാര്യം ആ ആ സിദ്ധാന്തത്തിൽ കാര്യമുണ്ടെന്നോ അവര് പറയുന്ന സിദ്ധാന്തത്തിന് എന്തെങ്കിലും അതുകൊണ്ട് ഇതുവരെ ആർക്കും ബ്രഹ്മജ്ഞാനം ഉണ്ടായില്ല ഈ പറയുന്ന ബ്രഹ്മജ്ഞാനോ അത് പരോക്ഷ ഞാനത്തെ കുറിച്ച് പറയുന്നു നമ്മളിങ്ങനെ പഠിച്ച് ചിന്തിച്ച് പറയുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ ആ പക്ഷമല്ലോട് ഇവിടെ പറയുന്ന ബ്രഹ്മജ്ഞാനം ഉണ്ടായി ഒരുപാട് പേർക്കുണ്ടായി ഉണ്ടായതിനു ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു ഇതൊക്കെ വീണ്ടും തന്നെ പക്ഷേ ഇത് ഏറ്റവും എളുപ്പമാണ് അവർ പറയുന്നവരാണെങ്കിൽ എന്താണ് ഈ പറയുന്നതൊക്കെ ശരിയല്ല നമുക്കിതെല്ലാം പറയാം ഇതൊക്കെ പരോക്ഷമായ ജ്ഞാനം സമാജിയിലെ ജ്ഞാനം അല്ല അതുകൊണ്ട് നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ മരിക്കും വീണ്ടും ജനിക്കും വീണ്ടും ഇതൊക്കെ ഏതെങ്കിലും ഒരിക്കലും ബ്രഹ്മജ്ഞാനം ഉണ്ടാവും അതോടിയല്ല അവസാനിക്കും അതൊരു ഇത് അപ്പോൾ ബ്രഹ്മജ്ഞാനം കൊണ്ട് അവിദ്യ നശിച്ച് പിന്നെ അവിദ്യയുടെ സംസ്കാരം വീണ്ടും കൊണ്ട് എന്നും പറയേണ്ട കാര്യമില്ല ഇത്ര ഒപ്പിക്കൽ വിദ്യകളുടെയൊന്നും ആവശ്യം ഇല്ല ആരാണ് കൂടുതലും ശരി സത്യസന്ധമായി പറയുന്ന ആരാണ് ഏ ഇവരാർക്കും ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും ബ്രഹ്മ ഞാനുണ്ടെന്ന് പറയുന്നത് ശരി ആ അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പൊ ആദ്യം പറഞ്ഞാലും ശരി അവര് പറയുന്നതാണ് ശരി എല്ലാരും പറയുന്ന എന്ത് ഞാനത്തെ കുറിച്ച് അപരോക്ഷമായ കുറിച്ച് അപ്പോ ഇവിടെ പറയുന്നു അങ്ങനെയല്ല അപരോക്ഷമായ ഞാന സമാധി ഉണ്ടായതിനു ശേഷവും ഒരു സംസ്കാരം ുന്നു അതുകൊണ്ട് വീണ്ടും പ്രപഞ്ചബോധം ഉണ്ടാകുന്നു വീണ്ടും പ്രപഞ്ച വ്യവഹാരങ്ങളുണ്ടാകുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്താണ് അപരോക്ഷമായി ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചതിന് ശേഷമാണ് എന്താണ് അപരോക്ഷമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചതിന് ശേഷം വീണ്ടും സംസ്കാരം അനുവർത്തിച്ചു അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു പറയുന്നു എന്ന് പറയുന്ന പക്ഷത്തിനവിടെ പറയുന്നു ഇതാർക്കാണോ പറയാം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏതാ ആർക്കും പറയാം എന്താണ് ബ്രഹ്മസാക്ഷാത്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ആ അദ്വൈതി ഏത് അദ്വൈതിക്കും പറയാം പറപ്പിച്ചു പറയണെന്നാണ് വേറെ എഴുന്നാഴ്ച ഉറപ്പ് വേണം കേട്ടോ പറഞ്ഞോ നല്ല നല്ല ഉറപ്പ് അത് പറയുന്ന എങ്ങനെയായിരിക്കണം നല്ല ഉറപ്പിച്ചു പറയു ശരി